തീർച്ചയായും ദാവൂദ് അലിഹിസ്ലാമിനും സുലൈമാൻ അലിഹിസ്സലാമിനും നാം അറിവു നൽകി അവർ പറഞ്ഞു തന്റെ വിശ്വാസികളായ ദാസന്മാരിൽ പലരെക്കാളും ഞങ്ങളെ ശ്രേഷ്ഠരാക്കിയ അള്ളാഹു സുബാനഹുവ തയ്യാറാക്ക സ്തുതി